ആത്മാവ് വിഷയമല്ല വിഷയമല്ലെങ്കിൽ ആത്മാവിൽ അധ്യാസം നടക്കില്ല ഇതാണ് പൂർവശ്വരൻ കാരണം അധ്യാസം നടക്കുന്ന സമയത്ത് അധിഷ്ഠാനം ഞാനും വേണം ആത്മാവാണ് അധിഷ്ഠാനം ആത്മാവിലാണ് ശരീരാദികളുടെ അധ്യാസം ആത്മാവ് വിഷയമല്ല കാരണം ആത്മാവ് വിഷയമായ പല ദോഷങ്ങളുണ്ട് കാരണം ഒന്ന് സ്വയം പ്രകാശവും സ്വയംപ്രകാശമായ ഒന്നും ജ്ഞാനത്തിന് വിഷയമാകത്തില്ല ഇനി ആത്മാവ് വിഷയമാണെന്ന് വന്നു അത് ജ്ഞാനത്തിന് വിഷയമായതുകൊണ്ട് മിഥിയാകും പല പ്രസംഗങ്ങളും പദ്ധതിക്ക് ആത്മാവിനെ വിഷയമായി സ്വീകരിക്കുക രജിത് സർപ്പത്തിലങ്ങനെയാണ് സർപ്പഭ്രാന്തിയുള്ളപ്പോൾ ആ സമയത്ത് തന്നെ ഇതം രജ്ജുവിനെ അറിയുന്നത് അതുപോലെ ഇത് ഭ്രഹ്മണെങ്കിൽ ഈ സമയത്ത് തന്നെ ആത്മാവിനെ അറിയണം അപ്പോ ആത്മാവിനെ അറിയാൻ കഴിയില്ല അദ്വൈതമനുസരിച്ചെന്ന് ഒരു പക്ഷി പറയും അപ്പോ ഇവിടെ ഇനി സിദ്ധാന്തിക്ക് എന്ന് പറയേണ്ടി അറിയണം അറിഞ്ഞേ പറ്റൂ കാരണം അദ്വൈതി എന്താ പറയുന്നത് പ്രപഞ്ചം അധ്യസ്ഥമാണ് ആരോപിതമാണ് മിഥ്യയാണ് ഭ്രാന്തിയാണ് മായയാണ് അപ്പൊ ആത്മാവിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ആത്മാവിനെ അറിഞ്ഞേ പറ്റും എന്താണ് പറയുന്നത് പരിഹരതി ആ പ്രശ്നത്തിന് പരിഹാരം പറയുകയാണ് ഉച്ചതേ പറയാം നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം സമാനം പറയാം ഇന്നത്തെ അവതായ ഏകാന്തീന അഭിഷയ ഭാഷ നിങ്ങൾ അഭിഷയമല്ല എന്ന് പറഞ്ഞത് ശരിയാണ് വിഷയമല്ല എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷെ പൂർണ്ണമായും വിഷയമല്ല തന്നെ ഏകാന്തേന ആ വിഷയം എന്ന് പറയുന്നത് ശരി കുത്തേന പൂർണ്ണമായിട്ട് എൻ്റെ അർത്ഥം ഏകാന്തം എന്ന് പറഞ്ഞാൽ സാറിന് നിശ്ചയം എന്ന അർത്ഥം പക്ഷെ ഇവിടെ പൂർണ്ണം ഏകം അന്തം അന്തോന്നു നിശ്ചയം ഒരേ ഒരു നിശ്ചയം അതുള്ള ആൾക്കാർക്ക് ഏകാന്തം എന്നൊക്കെ അർത്ഥം പറയും ഇവിടെ പൂർണവും നടക്കുന്നു ആക്കുകളുടെ അർത്ഥ സന്ദർഭം അനുസരിച്ച് മാറും എന്തുകൊണ്ട് അസ്മത്പ്രത്യം വിഷയം അഹം അസ്മത്പ്രത്യം അഹംബോധം അതിനു വിഷയമാണ് ആത്മാവെന്ന് ഇപ്പോൾ അദ്വൈതി സമ്മതിക്കുന്നു ആത്മാവിനെ നമ്മളറിയുന്നു അപ്പോ നേരത്തെ പറഞ്ഞ ദോഷങ്ങളൊക്കെ വരിക പോയി പറയുന്നു അയമർത്ഥ ഈ പറയുന്നത് ഞങ്ങൾ പറയുന്ന പോലെ മനസ്സിലാകും നല്ല പറഞ്ഞ് ചാടി കടിക്കാൻ വരരുത് ഞങ്ങൾക്കതിന് എന്തുണ്ട് വ്യാഖ്യാനം എപ്പോഴും മനസ്സിലായിക്കോളെ ഈ പറയുന്ന അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് സിദ്ധാന്തപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു എന്ന വിവാദമുള്ള കാര്യവുമാണ് പ്രധാനപ്പെട്ടാണെന്ന് പറഞ്ഞാൽ വിവാദം ഇല്ല എന്ന് പറയുന്നത് അദ്വൈതത്തിലെ ഏത് സിദ്ധാന്ത എല്ലാ സിദ്ധാന്തത്തിലും വിവാദമുള്ളതാണ് അദ്വൈതികളും മറ്റുള്ളവരുമായിട്ട് വിവാദമുണ്ട് അദ്വൈതികൾക്ക് തമ്മിൽ തമ്മില വിവാദമാണ് ോരുത്തരും അവരവർക്കിഷ്ടമുള്ള സിദ്ധാന്തമായി സ്വീകരിക്കുന്നു അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയമർത്ഥ ഈ പറഞ്ഞതിന്റെ അർത്ഥം താല്പര്യം ഇതാണ് എന്താണ് സത്യം അർദ്ധാംഗീകാരത്തിലാണ് സത്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സംഭാഷണം നടന്നു പറയുന്നത് ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞാൽ ശരി എന്നൊന്നുമില്ല കുറഞ്ഞത് ശരിയാണ് പ്രത്യകാത്മാ സ്വയം പ്രകാശയോലംശ്ചന ബുദ്ധിമുസൂക്ഷ്മൂന അനവിച്ചി വസ്തുതവച്ഛി ഭിന്നോ അകർത്ത അഭോക്തോക്വയോസ്മൃത്യവിഷയ ഇവ ആത്മാവ് വിഷയമാണെന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നു സത്യം പ്രത്യേകാത്മാ ോരുത്തരെയും ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവ് പ്രത്യേകാത്മാവിന് പ്രത്യേകം എന്ന് വെച്ചാൽ ആന്തരികം അല്ലെങ്കിൽ അധിഷ്ഠാനം ആയിരിക്കുന്ന ആത്മാവ് അങ്ങനെയർത്ഥമുണ്ട് ശരീരാദികളിൽ നിന്നെല്ലാം ഭിന്നമായി തന്നെ മനസ്സിലാക്കുന്നവൻ അങ്ങനെ അർത്ഥമുണ്ട് സ്വയം പ്രകാശത്വ അവിഷയം പറയുന്നത് ശരിയാണ് പ്രത്യേകാത്മ സ്വയം പ്രകാശമാണ് അത് വിഷയമല്ല അനംസസ്റ്റ് അംശവും ഇല്ല എങ്കിലും അത് വിഷയമാണ് അംശമുള്ളതുമാണ് എങ്ങനെ തഥാപി അങ്ങനെയാണെങ്കിലും അനുവചനീയ അവിദ്യാപരികൽപിതം ബുദ്ധിമുട്ട സൂക്ഷ്മ സ്ഥൂല ശരീരയിൽ ഇന്ദ്രിയവച്ഛേദേന ശരീരഇന്ദ്രിയ ശരീര ഇന്ദ്രിയവച്ഛേന അനവച്ഛിന്നോ വിതോ അവരുന്നത് എന്തിനാ കൊണ്ടുവരുന്നത് ഈ ചോദ്യത്തിൽ സമാനം പറയാൻ വേണ്ടി ഈ ചോദ്യത്തിന് ഒരൊറ്റ വഴിക്കിയ സമാധാനം പറയാൻ പറ്റും അവിദ്യ കൊണ്ടുവരികയാണ് അവിദ്യ വന്നുകഴിഞ്ഞാൽ എല്ലാം ശരിയാവും നായകൻ സിനിമയിലൊക്കെ മോഹൻലാൽ ഇങ്ങോട്ട് വന്നിട്ട് വില്ലനെ അവന്റെ സ്വഭാവികളെല്ലാം ഒരുമിച്ച് അടിച്ചു തറയിട്ടിച്ച് എന്താണ് ഇനി ഒരു ജേതാവായ നിപ്പുണ്ട് അതുപോലെയാണ് ഈ അവിദ്യ അദ്വൈതിയുടെ സർവ്വ ശത്രുക്കളെയും അവിദ്യ ഒറ്റയ്ക്കന്റെയും ആടിച്ചു തറയിക്കിട അദ്വൈതിയുടെ നായികയാണ് ഒരു നായകനായ നായിക അവിദ്യ സാധനം ഇല്ലായിരുന്നെങ്കിൽ ഈ അദ്വൈതി തെള്ളി പോയു ബ്രിമമുണ്ട് ്രഹ്മം കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റി അവിദ്യ എന്ന് പറയുന്ന ഈ ബ്രഹ്മാസരം ഉപയോഗിച്ചിട്ടാണ് ആദ്വൈദ്യം എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുക തഥാപി അവിദ്യ എങ്ങനെയുള്ളതാണ് അനുവചനീയ അനാദ്യ വിദ്യ അനുവചനീയം അനാദി എന്ന രണ്ട് വിശേഷം കൂടെ ചേർത്തന്നെ ഇനി അവിദ്യ എന്ന് പറയുന്നത് സർവസന്നാഹത്തോടും കൂടിയായി ആ അതൊക്കെ വരാൻ വരാൻ സാധ്യതയൊക്കെ ഉണ്ട് അവിദ്യയെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് അത് എനിക്ക് നോബൽ സമ്മാനം കൊടുക്കേണ്ടി വന്നത് കൊടുത്തില്ലെങ്കിലും കൊടുക്കേണ്ടതല്ല സംഘന്മാരെ ഉപയോഗിക്കും എല്ലാരും ഉപയോഗിക്കുംമാരും പക്ഷെ ശരിക്കാന്റെ അർത്ഥം അറിഞ്ഞു പ്രയോഗിച്ചത് അദ്വൈനികളാണ് അദ്വൈനികളെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും കരകയറ്റിയത് ഈ അവിദ്യ എന്നൊരു സാധനമാണ് എന്നാൽ ഇത് എന്താണെന്ന് ചോദിച്ചത് ഇതിനെ കുറിച്ച് അവർക്ക് അറിയത്തു അതാണ് വിദ്യ അദർശ്യമായൊരു സാധനം അവിദ്യ ഇല്ലെങ്കിൽ പിന്നെ ബ്രഹ്മം കൊണ്ടുപോയ പ്രയോജന അങ്ങനെയുള്ള ഒരു മഹാസാധനമാണ് എന്തോ അതാവി അനർവചനീയമാണത് സത്വന്നോ അസത്വന്നും നിർവചിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണ് അവിദ്യ സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമോ സത്താണോ എന്നാ കാണിച്ചു അവിദ്യ മൊബൈൽ പോലെയാണോ മേശ പോലെയാണോ അതേ ഫ്ലാസ്ക് പോലെയാണോ ഏതുപോലെയാണ് ഇതുപോലെയൊന്നും ഒന്നുമില്ല അസത്തല്ല പിന്നെ അസത്താണോ ആകാശപുഷ്പം പോലെ മുയൽക്കൊമ്പ് പോലെ വന്യപുത്രണ പോലെ അങ്ങനെ വല്ലതാണോ അതുമല്ലേ സത്വമല്ല പിന്നെ എന്താണ് അവധ്യ അതാണ് അവധ്യ എന്ന് ചോദിച്ചാൽ അവധ്യമാണ് പണ്ട് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ചല്ലേ വായനശാലന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായനശാലയാണ് വായനശാല എന്താണെന്ന് സംശയം തോന്നുന്നിരിക്കും പക്ഷെ അത് വായനശാലയെന്ന് തന്നെ മനസ്സിലാവും കുറിച്ച് എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അത് വായനശാലയ്ക്ക് അപ്പുറം പോകത്തില്ല അതുപോലെയാണ് എന്ത് അവധ്യയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് അത് അനാദിയാണ് അനാദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചു വളരെ ഡിഫറൽ ആയിട്ടുള്ള ആ വ്യാഖ്യാനമാണ് ഇതെല്ലാം വ്യാഖ്യാനമാണ് ഈ പറയുന്നത് വ്യാഖ്യാനത്തിലൂടെയാണ് എല്ലാം എല്ലാം വ്യാഖ്യാനത്തിലൂടെയാണ് നിൽക്കുന്നത് സത്വമല്ല ഓർത്താൽ അനൃതവുമല്ല ഇത് അവാചമായി ഇത് തന്നെ ധനമുതലായവ സത്വുമല്ല ഓർത്താൽ അനുരുതവുമല്ല ഇത് അവാച്യമായി അതിലെല്ലാം വരും പിന്നെ മായാവിദ്യ കയം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് എല്ലാം വരും ഇത് നൂറ്റാണ്ടുകളായി അദ്വീതികള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് തന്നെ അത് പറയുന്നുണ്ട് അത് തന്നെ ഈ പറഞ്ഞാലെല്ലാം വരും ഏതാണ് അസത്വമല്ല അസത്വമല്ല പ്രവർത്തക നല്ലതു മല്ല ഇത് അവാചല്ലാം ഇതിനകത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു എല്ലാം പല പല വ്യാഖ്യാനങ്ങളുള്ളതാണ് ഇതനാദിയാണ് അവിദ്യ അതുകൊണ്ട് കല്പിതമായ കാരണം അവിദ്യ കൊണ്ട് അനാദിയായ അനുവാചമായ അവിദ്യ കൊണ്ട് കല്പിതമാണ് ബ്രഹ്മ ഒഴികെയുള്ള സർവത് ഇവിടെ കൽപ്പിതം ബ്രഹ്മത്തിൽ ബ്രഹ്മമാണ് അധ്യഷ്ടവിടെ കൽപ്പിച്ചിരിക്കുന്നു സർവ്വം അതുകൊണ്ടാണ് അതിന് മിഥ്യ എന്ന് പറയുന്നത് അസത്യം എന്ന് മായ എന്ന് പറയുന്നു ഈ പ്രപഞ്ചത്തെ അവിദ്യ കൊണ്ട് കൽപ്പിച്ചിരിക്കുകയാണ് ആര് കൽപ്പിച്ചു ബ്രഹ്മം തന്നെ എന്തിനു കൽപ്പിച്ചു വെറുതെ ഏ അങ്ങനെ ഇത് ഇങ്ങനൊരു കൽപ്പന വരുമ്പോഴാണ് പിന്നെ ഭഗവാനൊക്കെ വരുന്നത് മനസിലായ അവദ്യുവരുന്ന ഒരു കല്പന വരുമ്പോ അവിടെ ഭഗവാൻ വരും ജീവൻ വരും എണ്ണം വരും അതൊക്കെ കല്പന വരുന്നതാണ് അവിടെ ഒരു അനാദിയായ അവദ്യം കൂടി ഇരുന്ന് എപ്പോ കല്പന ആരംഭിക്കുന്നു അപ്പൊ ഈശ്വരം പിന്നെ ഈശ്വരന്റെ ലീല ഈശ്വരന്റെ കോമഡിയാണ് ബാക്കിയുള്ള തഥാപി അനുവചനീയ അനാദി അവിദ്യാ പരികല്പിതം അവിദ്യ കൊണ്ട് കല്പിച്ചേണ്ടത് ബുദ്ധി മനസ് സൂക്ഷ്മ സ്ഥൂല ശരീരം കല്പന കൽപ്പന പറയും കൽപ്പന നല്ലവണ്ണം കൽപ്പിച്ചു എന്നുണ്ടെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എടുത്തോ കല്പന എന്നുള്ളതാണ് അവിദ്യ കൊണ്ട് കൽപ്പിച്ചതാണെന്ത് ബുദ്ധി മനസ് സ്ഥൂല സൂക്ഷ സൂക്ഷ്മ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് ഇവിടെ സാറിന് പറയുന്ന സൂക്ഷ്മ ശരീരം എന്താണ് പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോത്ഥം സൂക്ഷ്മാങ്കം ഭോഗസാധനം എന്ന് സാറിന് പറയാം അതല്ല ഇവിടെ പറയാം കാരണം സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചപ്രാണന്മാര് മനസ്സ് ബുദ്ധി ദശേന്ദ്രിയ ജ്ഞാനേന്ദ്രിയും കർമ്മേന്ദ്രിയും പഞ്ചപ്രാണ മനോഹബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോത്വം അപഞ്ചീകൃത ഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ് എന്നുവെച്ചാൽ സൂക്ഷ്മ ഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ് സൂക്ഷമാങ്കം എന്ന് വെച്ചാൽ സൂക്ഷ്മ ഭോഗസനം ജീവന്റെ സുഖ ദുഃഖ അനുഭവങ്ങൾക്കെല്ലാം സാധനമായിരിക്കുന്ന ഉപകരണമായിരിക്കുന്ന ഈ സൂക്ഷ്മ ശരീരം ഇത് പറഞ്ഞുതീരട്ടെ ചെട ഇതുകൊണ്ടു എനിക്ക് ആയിരം ആവൊന്നുമില്ല അനന്തനാവും അനന്തനെ പോലെ ഇരുന്ന് പലത് പറയാൻ പറ്റും ഒന്ന് ശ്വാസം വിട്ടോട്ടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന സാറിന് ഇതാണ് ഏതൊക്കെയുള്ളത് വെറു പഞ്ചീവ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ഏതൊക്കെയാണ് പഞ്ചയുള്ള ആയങ്ങൾ പത്ത് ഞാൻ ഇത്രയാവുന്നാണ് സാധാരണ പാരമ്പര്യമായി പറഞ്ഞു വരുന്ന സൂക്ഷ്മ ഭൂതങ്ങൾ സൂക്ഷ്മ ശരീരം ഇതാണ് ഭോഗ സാധനമായി അദ്വൈതികൾ സ്വീകരിക്കുന്നത് ഇങ്ങനെ ഒന്നുണ്ടെന്നാണ് പറ്റും അദ്വൈതികളുടെ പ്രാചീനമായ സിദ്ധാന്തമനുസരിച്ച് പഞ്ചകോശങ്ങളുണ്ട് പിന്നെന്താണ് പഞ്ചകോശങ്ങളും സൂക്ഷ്മ ശരീരമാണ് ഇന്നിപ്പോൾ മനുഷ്യൻ എന്താണ് അനാട്ടമി ഫിസിയോളജിയൊക്കെ പഠിക്കുന്നുണ്ട് ഒരുപാട് ശരീരത്തെ കുറിച്ച് അറിവുണ്ട് അവരാരും ഈ പഞ്ചകോശങ്ങളും സൂക്ഷ്മ ശരീരമൊന്നും ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അവരൊന്നും അന്ന് അംഗീകരിക്കുന്നു ീനാമ്പേച്ച ധൈര്യമായി പറയും മറുത അങ്ങനെ എന്തെല്ലാം നമ്മൾ കണ്ടെത്തിയില്ലെന്നേ ഉള്ളു പക്ഷെ എന്താ ഉണ്ട് കുട്ടിച്ചാത്ത അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് അപ്പൊ നമ്മൾ കണ്ടെത്തിയില്ല അതുകൊണ്ടില്ലെന്നൊന്നും പറയാൻ പറ്റി അപ്പൊ ഇതാണ് സൂക്ഷ്മ ശരീരം ഇവിടെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ സൂക്ഷ്മ ശരീരം എന്നുള്ള ഈ സൂക്ഷ്മ ഭൂതങ്ങളെടുക്കണം സൂക്ഷ്മ ഭൂതങ്ങളെടുക്കാവും എന്തുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ബുദ്ധി മനസ്സെന്ന് പ്രത്യേകം പറഞ്ഞോ ഇന്ദ്രിയെന്നും പ്രത്യേകം പറഞ്ഞു അപ്പൊ ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം പറഞ്ഞുകൊണ്ട് സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ അദ്വൈതത്തിൽ പറയാറുള്ളൂന്ന് വെച്ചുകഴിഞ്ഞാൽ മരണശേഷം ജീവൻ പരലോകത്തിലേക്ക് പോകുന്നതിന് അവൻ അപ്മയമായ ശരീരം എന്നുവെച്ചാൽ സൂക്ഷ്മ ഭൂതമയമായ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന പറയുന്നുണ്ട് അവിടെ സൂക്ഷ്മ ശരീരത്തിന് സൂക്ഷ്മഭൂതങ്ങളൊന്നും ബ്രഹ്മസൂത്രത്തിനും മറ്റും പറയും മുമ്പോട്ട് ഒരു പറയും അത് വെച്ചുകൊണ്ടാണ് ദേവിയുടെ സൂക്ഷ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ അർത്ഥത്തെ അടുത്ത് സൂക്ഷ്മ എന്നുള്ള അർത്ഥം ശരീരം ബ്രഹ്മസൂത്രത്തിൽ തന്നെ മുന്നോട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണത് അതുകൊണ്ട് ഇവിടെ സൂക്ഷ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനെടുക്കണം പോയി ബുദ്ധി ഇതുവരെ പറഞ്ഞു തന്നാ പോയുന്നൊന്നും കേൾക്കത്തില്ല അപ്പൊ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും സൂക്ഷ്മ ഭൂതങ്ങളെ എടുക്കണം അതൊന്നും വരക്കും സൂക്ഷ്മൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ ആ അതുകൊണ്ട് എന്താണ് അല്ല അത് പറഞ്ഞില്ല അത് നമ്മൾ ചേർത്തോളൂ പറയാത്തേക്ക് നമ്മൾ ചേർത്തോണം സൂക്ഷ്മം എന്ന് പറയുന്നത് കൊണ്ട് പഞ്ചഭൂതങ്ങൾ മാത്രേ എടുക്കാവൂ കാരണം ബാക്കി ഇത് ഇത്രേം പ്രത്യേകം പറഞ്ഞു ഇനി ഇനി പറയാത്ത എന്തെങ്കിലും ഉണ്ടോ കാരണം പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നുണ്ട് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നുണ്ട് എല്ലാരും ഇത്രയൊന്നും അല്ല എടുക്കുന്നു അവിദ്യ കാമം കർമ്മം ഇതിനൊക്കെ സൂക്ഷ്മ ശരീരത്തിൽ ചേർത്ത് എടുക്കുന്നുണ്ട് ഏഹ് ആ കൊണ്ടുപോകുന്നു പ്രാണന്മാരും സംസ്കാരവും എല്ലാം വേണം കേവലം പ്രാണൻ മാത്രം പറ്റി സംസ്കാരവും വേണം സംസ്കാരമാണ് വഴി കാണിച്ചോളൂ ടോർച്ചടിച്ചോളത് പ്രാണന്മാരാണ് നയിക്കുന്നത് അവര് അത് പ്രാണന്മാരെന്ന് പറയുന്നത് എന്താണെങ്കിലും ശക്തിയാണ് പ്രാണശക്തി അതുകൊണ്ട് അത് അതാണ് കൊണ്ടുപോകുന്നത് എല്ലാത്തിന്റെ ചേർത്ത് പിടിച്ചുകൊണ്ടുപോകുന്നത് പഴയ വിശ്വാസങ്ങളാണ് ഇങ്ങനെ പോകുന്നു വരുന്നു പറയുന്നു അവിടെ പരലോകത്ത് പോകാം അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ പോകാം പരലോകത്ത് പോണന്നൊന്നുമില്ല ഈ ലോകത്ത് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടത് സഞ്ചരിക്കാം ശരീരം എടുക്കാം എന്താണ് ഇതൊക്കെ പഴയകാലത്ത് മനുഷ്യന്റെ വിശ്വാസങ്ങൾ എത്രയുള്ളൂ ചത്തുകഴിഞ്ഞാ എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ് എന്റെ പരമാർത്ഥം ശാസ്ത്രം അങ്ങനെ പറയും ശാസ്ത്രം എന്ന് വെച്ചുകഴിഞ്ഞ ഏത് ശാസ്ത്രം ഇവിടെയുള്ള ഈ ശാസ്ത്രങ്ങൾ എല്ലാ ശാസ്ത്രവും അല്ല ഒരാളിലോ വൈബിളൊന്നും അല്ല ഈ ശാസ്ത്രം ഈ ശാസ്ത്രം അനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇങ്ങനെയൊക്കെ പോകുന്നു പരലോകത്ത് പോകുന്നു തിരിച്ചു വരുന്നു ഇവിടെ തന്നെ പല പല ശരീരങ്ങളെടുക്കുന്നു പുലർന്നു അതൊക്കെ വിശ്വാസം ആദിവാസികളുടെ വിശ്വാസം ഇന്നും കുറെ പേര് കൊണ്ടു കിടക്കുന്നുണ്ട് ശാസ്ത്രമല്ലേ ശാസ്ത്രമല്ലേ ഒരു ശാസ്ത്രമല്ലേ എഴുതി വച്ചിരിക്കുന്നത് ഒരു ശാസ്ത്രമാണ് എഴുതി വച്ചിരിക്കുന്നത് വണ്ടി യാതൊരു പ്രാണികൾക്കും ഉപദ്രവം വരാത്തോപചാരങ്ങൾ ശുദ്ധതാ ഐകോങ്ങൾ സകലവും ന്യായമായി അനുഭവിച്ചു ഗോവങ്ങളുടെ കൈയിലെ ബ്രഹ്മജ്ഞാനികളാവുന്നതിന് സന്ദതി ഒരുപക്ഷം ശേഷത്താണ് ഇതിന് സംഗതി വരാതെ പോയാൽ ആയുധത്തിൽ നമ്മുടെ ഉപാസന തൃപ്തികളായ ശുദ്ധ ജീവനുള്ള ശക്തി ജീവസ്ഥെന്ന് അവരോടുകൂടി അമ്മ ഇങ്ങനെഴുതി വെച്ചിരിക്കുന്ന ചത്തു കഴിഞ്ഞാൽ ചാക്കിന്റെ അകത്ത് കെട്ടി വെച്ചിട്ട് ചുറ്റിൽ നിന്നെല്ലാം അങ്ങടെ പാട്ട് പാടുന്നു നിങ്ങളൊക്കെ അറിയുന്ന ചെയ്യും അതിന്റെ ആശാന്മാരാണ് ഇരിക്കുന്നത് ഇതൊക്കെ പാ പാടിക്കഴിഞ്ഞാൽ ചത്തുകിടക്കുന്നു കഴിഞ്ഞിട്ട് തടവ് ആരുണ്ട പാടത്ത് അതിന്റെ റാങ്ക് ഫൈവ് സ്റ്റാർ ആൾക്കാരാണ് ഈ വെട്ടിത്തരോ ഇത് കാശ് കെട്ടുന്നാണ് വെട്ടിത്തരോ സാറിന് പറഞ്ഞു ചെലവ് കിടക്കുന്ന കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്ന ശാസ്ത്രം പുരാതന ശാസ്ത്രം എഴുതി വച്ചിട്ടുണ്ട് ആ വാശിഷ്ടം തർജ്യമേതാണ് ഒരു ഭാഗം ദൈവചരിതം അപ്പൊ എന്താ വരുന്നു ചനീയമായ അനാദിയായ അവിദ്യ കൊണ്ട് കല്പിച്ച ബുദ്ധി മനസ്സ് ശരീരം സ്ഥൂല ശരീരം ഇന്ദ്രിയം എന്നുവെച്ചാൽ ഈ ബാഹ്യേന്ദ്രിയ മനസ്സിനെ പറഞ്ഞല്ലോ ബാഹ്യമായ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എടുക്കാം ഇന്ദ്രിയാദി അവച്ഛേദന ഇവയെ കൊണ്ട് ഇവ ഇന്ദ്രിയങ്ങളാകുന്ന ഉപാധികളെ കൊണ്ട് അവച്ഛാധി ഈ ഉപാധികളെ കൊണ്ട് എന്താണ് അനവച്ഛിന്നോ അപി അതുകൊണ്ട് പരിമിതപ്പെട്ടില്ലെങ്കിലും പരിമിതപ്പെടുന്നില്ലെങ്കിലും അവച്ഛിന്നുവെച്ചാൽ പരിമിതപ്പെടുക അവച്ചേത് കൊന്നിച്ച ഉപാധി ഉപാധികൊണ്ട് പരിമിതപ്പെടുക ഉണർവിച്ഛന്നുവെച്ചാ പരിമിതപ്പെടുന്നില്ല വാസ്തവത്തിൽ എന്ത് പരിമിതപ്പെടുന്നില്ല പ്രത്യേകാത്മാ പറഞ്ഞിട്ടുണ്ട് ഈ ആത്മാവ് ഉപാധികളാണ് ഇവിടെ പറഞ്ഞ മനസ്സും ബുദ്ധിയും കാര്യങ്ങളെന്ന് പിന്നെ ശരിക്കും ഈ പ്രത്യേകാത്മാവിന് ഒരു പരിമിതി ഉണ്ടാകുന്നില്ല ലിമിറ്റേഷൻ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ഇതാണ് ഉപാധി ആത്മാവിന്റെ വസ്തുതോ അവചിഹ്ന വാസ്തവത്തിൽ അതെന്ത് ചെയ്യുന്നു ഇതിനെ പരിമിതപ്പെടുത്തുന്നത് പോലെ അവചിഹ്നമാകുക എന്ന് വെച്ചാൽ പരിമിതപ്പെടുത്തുന്നു എന്തിനെ പരിമിതപ്പെടുത്തുന്നു ഏർ പ്രത്യേകാത്മാവിനെ പരിമിതപ്പെടുത്തുന്നത് പോലെയാണ് നമ്മുടെ അനുഭവം ഈ പ്രത്യേകാത്മാവിനെ പരിമിതപ്പെടുത്തുക എന്ന് നമ്മുടെ അനുഭവം നമ്മുടെ അനുഭവം എന്താണ് ഞാനിതാ ഈ ശരീര രൂപത്തിലിരിക്കുന്നു എനിക്ക് ജനനമുണ്ട് ഞാൻ മരിക്കും എനിക്ക് വിശപ്പുണ്ട് ദാഹമുണ്ട് ഇതൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്ന പരിമിതികൾ തടിയനാണ് പല പല തരത്തിൽ ഞാൻ എന്നുള്ള അനുഭവത്തെ ചുറ്റിപ്പിച്ച് നമ്മൾ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം എന്താണ് ഈ കൊണ്ട് പ്രത്യേകാത്മാവിന് സംഭവിച്ച പരിമിതികളെയാണ് അറിയുന്നത് വസോതി അങ്ങനെ സംഭവിക്കില്ല കാരണം ബ്രഹ്മം തന്നെ അവിദ്യ കൊണ്ട് കൽപ്പിച്ചതാണ് ഇത് ബ്രഹ്മം കൊണ്ട് കൽപ്പിച്ച ഇതിന് ബ്രഹ്മത്തോന്നും ചെയ്യാൻ പറ്റില്ല പരിമിതപ്പെടുത്താൻ പറ്റിട്ടില്ല അതിന് ഉദാഹരണം പറയുന്നതാണ് എന്തു ഇന്ദ്രജാലക്കാരൻ തന്നിലൊരു എന്തോ ഒരു പ്രത്യേക ശക്തിയുണ്ട് ആ ശക്തി കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുമ്പോൾ ആ ഇന്ദ്രജാലം ഒരിക്കലും അയാളമയക്കുന്നില്ല അയക്കറെ ഇതൊക്കെ ഒന്നും അയാളെ അതുപോലെ വാസ്തവത്തിൽ ആ ഇന്ദ്രജാലക്കാരന്റെ മയാശക്തി കൊണ്ട് ഇന്ദ്രജാലം ഉണ്ടാക്കുമ്പോ ഇന്ദ്രജാലക്കാരൻ അതിലൊന്നും പെടാതിരിക്കുന്നത് പോലെ ഇതിനൊന്നും ഒരു പൂർണമായ ഉദാഹരണം കൊണ്ടൊന്നും വിശദീകരിക്കാൻ പറ്റില്ല ഭാഗികമായ ഉദാഹരണങ്ങളും ബ്രഹ്മം അവിദ്യ അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു ഉദാഹരണം കൊണ്ട് വിശദീകരിക്കാൻ ഒരിക്കലും പറ്റില്ല അതിനൊരു ഉദാഹരണം പറയാനില്ല എന്നാലും ഒരു അതിന്റെ ചില അംശങ്ങൾക്ക് ഉദാഹരണം പറയാം ഒരു അംശത്തിനുള്ള ഉദാഹരണമാണ് ഇന്ദ്രജാലക്കാരൻ ഇന്ദ്രജാലം കൊണ്ട് പലതും ഉണ്ടാക്കുന്നു പക്ഷെ ആ ഇന്ദ്രജാലം അയാളെ ബാധിക്കുന്നില്ല അയാൾക്കറിയാം ഇതൊക്കെ തന്റെ ഇന്ദ്രജാലമാണ് അതിനൊന്നും കാര്യമില്ലായിരുന്നു അത്രയും ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും അത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ടൊന്നും ചേരത്തില്ലേ അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു വസ്തുതോ അവച്ഛിന്നയോ വാസ്തവത്തിൽ പരിമിതപ്പെട്ടതുപോലെ ഞാൻ അനുഭവിക്കുന്നു ഞാൻ എന്നുള്ള അനുഭവം അഭിന്നോ ഭിന്നങ്ങനെ ബ്രഹ്മ ഏകമാണ് പക്ഷെ ഇവിടെ എന്തു ചെയ്യുന്നു ഈ ബുദ്ധി തുടങ്ങിയ ഉപാധികൾ വന്നപ്പോൾ ഞാൻ മേരെ ബ്രഹ്മം വേറെ ഞാൻ മേരെ ഈശ്വരൻ പേര് ഞാൻ അന്യന്മേറെ വാസ്തവത്തിൽ ഇന്ദ്രജാലക്കാരനെ ഇതെന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ എന്നാൽ ഇവിടെ എന്തു ചെയ്യുന്നു ഈ ബ്രഹ്മത്തിന് തന്നെയാണ് ഉപാധികൾ വരുന്നത് പ്രത്യേകാത്മാവിന് തന്നെ വന്നപ്പോ എന്തു വരുന്നോ താൻ മേരേ മറ്റവന്മേരേന്ന് തോന്നും ഞാൻ പറഞ്ഞു ഉദാഹരണമൊന്നും പൂർണമല്ല ഒരു ഉദാഹരണം കൊണ്ടും ഇത് വിശദീകരിക്കാൻ പറ്റില്ല അന്ധവീതികൾ പല ഉദാഹരണങ്ങളും കൊണ്ടും വിശദീകരിക്കാൻ നോക്കും എല്ലാം ഭാഗികം ഭാഗ്യം ഏ ആകാശം ആകാശം ഏത് അതൊക്കെ പറയാം ആകാശം പോലെ വ്യാപകത്തിന്റെ കാര്യമല്ലല്ലോ ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നത് ഭിന്നവും അഭിന്നവും വാസ്തവത്തിൽ ബ്രഹ്മത്തിൽ ഒരു ഭേദവുമില്ല ജീവൻ ഈശ്വരൻ ജഗത്ത് ഇങ്ങനെ ഭേദമില്ല പക്ഷെ ബ്രഹ്മം തന്നെ അവിദ്യകൊണ്ട് ശരീര ഇന്ദ്രിയമൊക്കെ അതേ ബ്രഹ്മം തന്നെ ശരീരം മേരെ ബ്രഹ്മന്മേറെ ആത്മാവ് മേരെ ഈശ്വരന്മേറെ കല്പിക്കുന്നു അതൊരു സത്യം ഇവ എന്ന് പറയുന്ന അതുകൊണ്ടാണ് ശരിക്കും ഒരു കല്പന നടക്കുന്നുണ്ടോ ഇല്ല ഇതൊക്കെ ശരിക്ക് സംഭവിക്കുന്നുണ്ടോ ഇല്ല ഇതൊക്കെ പിന്നെ എങ്ങനെ സംഭവിക്കുന്നു സ്വപ്നം പോലെ എന്ന് പറയും സ്വപ്നം പോലെ സംഭവിക്കുകയാണ് അല്ലാതെ ശരിക്കും ഇതൊന്നും സംഭവിക്കുന്നില്ല ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ചോദ്യം ഉണ്ട് കല്പിന്നു വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് പിന്നെ പ്രശ്നം ഉണ്ടാകുന്ന കല്പിതോന്ന് വരുമ്പോ പറഞ്ഞിട്ട് പോവാൻ പറ്റുവോ ഉം അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോഴും വിശ്വാസമായിട്ട് എടുത്തു പ്രശ്നങ്ങളെ ഭയക്കണ്ട അതും വിശ്വാസം പിന്നെ അങ്ങനെ എടുക്കണം ഇപ്പൊ എന്താ പറയുന്നു ഭിന്നോവി അകർത്താ കർത്താവ് ഈ ബുദ്ധിമനസി ഉപാധികളോട് കൂടി ചേർന്നപ്പോ ആ ബ്രഹ്മൻ തന്നെ കർത്താവായി പ്രത്യേകാത്മാവ് പ്രത്യേകാത്മാവ് തന്നെ കർത്താവും പക്ഷെ കർത്താവായിട്ട് കർത്താവായതുപോലെ അങ്ങനെ കർത്താവാന് പറ്റത്തില്ല കർത്താവുന്ന ഞാൻ ചെയ്യുന്നവനാണ് ഈ കർത്താവ് കർത്താവും പറയുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിതമോ നമ്മുടെ ഇന്നത്തെ പ്രവൃത്തിയുമായിട്ടോ ഒരു ബന്ധമുള്ള കാര്യ മനസ്സിലായ അതുമായിട്ട് യാതൊരു ബന്ധമുള്ള ഈ കർത്താവ് എന്ന് പറയുന്നത് എന്താണ് നൂറ് ശതമാനം ബന്ധപ്പെട്ട കാര്യം അവിടെയാണ് ഈ കർത്താവ് എന്ന് പറയുന്നതിനൊരു പ്രസക്തി വരുന്നവണ് ഇന്ന ആൾക്കാർ എന്നൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്നത്തെ ചുറ്റുപാടുകൾ ഇതിനെ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് കർത്താവ് വെച്ചാൽ ഡ്യുവർഷിപ്പ് എന്നൊക്കെ വ്യാഖ്യാനിക്കും അതൊന്നും ഇതിന്റെ ശരിയായ വ്യാഖ്യാനമില്ല അത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ സ്വാമിമാരെല്ലാം വ്യാഖ്യാനിക്കുന്ന എന്താണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് ഓരോ വേദമന്ത്രങ്ങളും ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ വേദത്തിൽ പറഞ്ഞാണ് ഒരിക്കലും അല്ല എന്തുകൊണ്ട് ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം വേറെയായിരുന്നു ഇന്നത്തെ ലോകത്തും അവരുടെ സങ്കല്പത്തിയില്ലായിരുന്നു ഒരു നൂറു വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഇന്നത്തെ ലോകത്തെക്കുറിച്ച് എന്താണ് യാതൊരു യാതൊരു ധാരണയില്ലായിരുന്നു പിന്നെയാണോ ആദിവാസികൾക്ക് ധാരണ ഉണ്ടാവും എന്തിനു എനിക്കൊരു പത്തിരുപത്തഞ്ചു വർഷം വരെ മൊബൈലെന്നോ കമ്പ്യൂട്ടറെന്നോ പറഞ്ഞ എനിക്ക് യാതൊരു ധാരണയില്ല അങ്ങനെ എനിക്കൊരു സങ്കല്പമില്ലായിരുന്നു വ്യാകരണത്തില് പറയുന്നു കർത്തരീക്ഷം കർമ്മം എന്നൊക്കെ അത് ഇവിടെ പറയ അതൊക്കെ വേറെ പേര് അതിനൊന്നും നമ്മൾ സാധാരണ പറയുന്ന കർമ്മമായിട്ട് അടുത്തുണ്ട് വ്യക്തത്തിൽ പറയുന്ന കർമ്മന്ന് പറഞ്ഞ പുസ്തകം കർമ്മവും മൊബൈല കർമ്മവും മേശകർമ്മവും ഗ്രാമറിലെ അത് ഇവിടെ പറയുന്നതായിട്ട് ഒരു ബന്ധമില്ല ഇവിടെ ഈ പറയുന്ന ഈ കർത്താവ് എന്ന് പറയുന്നത് മീമാംസകർ പറയുന്ന കർത്തൃത്വവും കർത്താവിനെയാണ് പറയുന്നത് ഏഹ് ഭോക്താവ് പറയുന്നു മീമാംസകരുടെ കർത്തൃത്വവും ഭോക്തൃത്വമാണ് ഇവിടെ പറയുന്നു അതായത് ഇന്ന് വിടെ ഒരു ആജ്ഞയാണ് കർത്താവ് എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവാന്റെ എന്താണ് ആജ്ഞ അനുസരിച്ചാണ് ഓരോ മനുഷ്യനും അതിന്റെ ഫലം കിട്ടുന്നത് അങ്ങനെയാണ് ജഗത്കർത്താവ് ജഗത്കർത്താവായ ഈശ്വരന്റെ അത് ഏ ഇത്രയാണ് ഈ പറഞ്ഞാണെങ്കിൽ എന്റെ അടുത്ത ഇതാണ് കർത്താവിന്റെ ആജ്ഞയനുസരിച്ച് ഫലം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ജഗത്കർത്താവായി ഈശ്വരന്റെ ആജ്ഞയനുസരിച്ച് ഫലം ഓരോരുത്തർക്കും കിട്ടുന്നു അങ്ങനെ പറയണം കർമ്മം ജടമാണ് ഗവനത്തിന് കാരണമെന്ന് പറഞ്ഞാൽ ശരിക്കും അത് ശരിയാണ് അത് പല പല ചിന്താഗതികളുണ്ടായിരുന്നു പല പല ചിന്താഗതികളാണ് എന്നു വെച്ചാൽ ഈ രമണമുഷ പഠിച്ചിട്ടില്ല ഗണപതി ശാസ്ത്രികളുണ്ടായിരുന്നു വലിയ സംസ്കൃതമുണ്ടത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പോയതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹത്തിന് അജാതവാദത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു രമണ മഹർഷി അജാതവാദത്തിന്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു അപ്പൊ അത് എന്താണ് അതനുസരിമഹർഷി എന്താ മനസ്സ് കണ്ടെന്നും നമുക്കറിയാൻ പറ്റി ഇതാണ് അതോ ഇനി ആജ്ഞയാന്നുള്ള ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് അല്ല ഒരുത്തൻ കർമ്മ കർത്താവിന് ഫലം കിട്ടും എന്നുള്ളതാണെങ്കിൽ പിന്നെ അത് മൊത്തം വായിച്ചാലറിയാകും ഞാനൊന്നും വായിക്കാറില്ല അപ്പോ അങ്ങനെ വായിച്ചിട്ടുണ്ട് പക്ഷെ പല പ്രക്രിയകളുണ്ട് പല പ്രക്രിയകളനുസരിച്ച് ഇതൊക്കെ വ്യാഖ്യാനിക്കാം എല്ലാം വ്യാഖ്യാനിക്കും ശരിപ്പെടുത്താം അത് ഉണ്ടാകുന്നുണ്ട് ഈ വ്യക്തികൾക്ക് വ്യക്തികൾക്കുണ്ടാകുന്ന ആകർഷണം എന്ന് പറയുന്നത് പിന്നെ എന്താ പേര് മറന്നുവല്ല പേര് നമുക്കതിക്കോട്ടെ അപ്പൊ എല്ലാരും കോട്ടെ ബാക്കിയെല്ലാം പോട്ടെ നമ്മടെ മോഹൻലാലിന് പരസ്യമായിട്ട് റോഡ് ഇറങ്ങി കിടക്കാൻ പറ്റും എത്ര ആരാധകരാണ് ഇത്ര ലക്ഷക്കണക്കിന് ആരാധകരാണ് അത് മലയാളം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലായതുമാണ് ആ സമയം ലോകത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ അപ്പോ ആകർഷണം എന്ന് പറയുന്നത് പല ഉണ്ടാവും അത് ഈ കാലഘട്ടത്തിൽ ഫിലിം ഇൻഡസ്ട്രി വന്നപ്പോൾ ഫിലിം ഇൻഡസ്ട്രി വന്നപ്പോൾ അങ്ങോട്ട് ആകർഷണം വന്നു ഈ പരിപാടിയൊന്നുമില്ല അന്ന് ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് താല്പര്യം അപ്പോ ഒരാളില് ഒരാൾക്ക് വിശ്വാസം വന്ന് അങ്ങനെ ആള് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ കൂടും അതിലൊന്നും അത് അതിശയപ്പെടാനൊന്നും ഉണ്ട് അങ്ങനെ എന്തെങ്കിലും എന്താണ് ജ്ഞാനമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഹിമാല എവിടെയെങ്കിലും പോയിരുന്നിവിടെ ആരോ അറിയാൻ പോകുന്നു ജനങ്ങള് കാണുന്ന സ്ഥലത്ത് പോയിരുന്നവരെ ആള് കൊടുക്കുന്നത് ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്നാരോ ആരോ പോകുന്നു കാണാൻ അപ്പൊ അതിന് പല ഘടകങ്ങളുണ്ട് വ്യക്തികള് ആകർഷണമുള്ള വ്യക്തിത്വമുള്ളവരെപ്പോഴും ഉണ്ടാവും അത് എപ്പോഴും ഉണ്ടാവും ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ ആത്മീയമായിട്ട് ആകർഷിക്കുന്നവര് ആത്മീയ വ്യക്തിത്വങ്ങൾ ഇപ്പൊണ്ടല്ലോ ഒരുപാട് പേര് സ്വാമിയുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു ആകർഷിക്കും ഏ അമൃതാനന്ദി സദ്ഗുരു ശ്രീ ശ്രീ രവിശങ്കർ നമ്മുടെ യോഗ രാംദേവ് ഇവരൊക്കെ അവരോട് പേഴ്സണാലിറ്റി കൊണ്ട് ആകർഷിക്കുന്നവരാണ് എപ്പോഴും പക്ഷെ ഇന്ന് ആകർഷിക്കണമെങ്കിൽ കുറച്ച് തരികയുടെ കയ്യിലുണ്ടായാലും പറ്റും അല്ലാതെ ആൾക്കാരെ സിദ്ധിയൊന്നും ഇല്ല ഇന്ന് ആൾക്കാരെ ആകർഷിക്കണമെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള എന്താണ് പ്രചരണ തന്ത്രങ്ങളിലൂടെ പ്രചരണ തന്ത്രങ്ങളിലൂടെ അത് നല്ല രീതിയിൽ അഡ്വെർട്ടൈസ് ചെയ്താലും ഇന്ന് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റും ഏ അല്ല ഞാൻ പൊതുവായി പറയുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറയല്ല ഇന്ന് പൊതുവായിട്ട് എന്താണ് ആധ്യാത്മികമായി തന്നെ ആൾക്കാരെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ പൊതുവായൊരിതാണ് അതിന് പ്രചാരണം വലിയ പങ്ക് വഹിക്കും പ്രചാരണം അതിന്റെ അടിസ്ഥാനപരമായ ഘടകമാണ് പ്രചാരണയില്ലാതെ നടക്കില്ല അതില്ലാതെ ഇന്നും ഒരാകർഷി ഒരു ഇതും ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ പ്രചാരണം നടത്തി ആകർഷിക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറ്റില്ല അത് നല്ല ആസൂത്രിതമായി പ്രചാരണം നടത്തിയാൽ ഇന്ന് സമൂഹത്തെ ആകർഷിക്കാൻ പറ്റും അത് പണ്ട് കാരണം ഇന്ന് ആ രീതിയിലായിപ്പോയി സമൂഹം മാറിയൊണ്ടാണ് പണ്ട് അങ്ങനെ ഒരു പ്രചാരണത്തിന്റെ ആവശ്യമില്ല ഒരു വ്യക്തിയിൽ എന്തെങ്കിലും സവിശേഷത കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കത്തക്ക ഒരു സ്ഥലത്താണെങ്കിൽ ആൾക്കാർ പണ്ട് അന്ന് പ്രചാരണമെന്ന് വെച്ചാൽ മൗത്ത് ടു മൌത്ത് മൌത്ത് ടു മൌത്ത് ഇങ്ങനെയുള്ള പ്രചാരണം ഒന്നുമുണ്ട് പ്രചാരണമൊന്നുമുണ്ട് പക്ഷെ അത് മൌത്ത് ടു മൌത്ത് അങ്ങനെയാണ് പ്രചാരണം എന്തങ്ങനെയല്ല ഇന്നും ആധുനികമായ എല്ലാ മീഡിയകളും ഉപയോഗിച്ച് പ്രചാരണം നടത്താതെ ഒരാൾക്കും പ്രചാരം കണ്ടത്തില്ല പൊതുവായൊരു രീതിയാണ് അത് ഒരു ദോഷമെന്ന് ഞാൻ പറയല്ല ഇന്ന് അങ്ങനെയാണ് സംഭവം നടക്കുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ് എന്തുപറയുന്നു ഏകമായിരിക്കുന്ന പ്രത്യേകാത്മാവ് പറയുന്നു അവിദ്യ കൊണ്ട് അത് തന്നെ സ്വയം അനാദിയെ അവിദ്യ കൊണ്ട് കൽപ്പിച്ച് വലുതാകും ചുരുക്കം ഇതാണ് എന്തൊക്കെയോ ആയിത്തീരും ഇതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ സിദ്ധം ഇപ്പൊ അവിടെ അകർത്താവ് ആണ് എന്നുവെച്ചത് കർത്താവല്ല പക്ഷെ അത് കർത്താവുന്നു കർത്താവായി കഴിഞ്ഞാൽ എന്തു ചെയ്യും അവൻ വൈദികമായ കർമ്മങ്ങളിലെയും മറ്റ് കർമ്മങ്ങളിലെയും പിന്നെ അവന്റെ ഭോക്താവും മീമാംസകർ കൊണ്ടുവന്ന ആശയമാണ് കർത്താവായ ഭോക്താവായ ആത്മാവ് കർത്താവാണ് അതുകൊണ്ട് ഭോക്താവാണ് ഇതവരുടെ ആശയമാണ് പറഞ്ഞ ഇതിനേക്ക് ഇന്നത്തെ ആൾക്കാർ വെറുതെ ഇന്ന് ഇതൊക്കെ എന്താണ് ആനുകാലികമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇന്നത്തെ രീതിക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന അവർക്ക് ഓരോ അജണ്ടകളുണ്ട് അജണ്ടകൾ വെച്ച് വ്യാഖ്യാനിക്കുന്ന എല്ലാവർക്കും ഒരു അജണ്ടയുണ്ട് അവിഷയോപ്പി അസ്മത് പ്രത്യക വിഷയ ഉപാധി കൊണ്ട് വാസ്തവത്തിലേക്ക് പ്രത്യേക വിഷയം അല്ലെങ്കിലും വിഷയമാകുമോ എന്ന് ചോദിച്ചാൽ വിഷയമായത് പോലെ നമുക്ക് അവിടെ ഇവ എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് വിഷയമാകുന്നില്ല പക്ഷെ വിഷയമായത് പോലെ തോന്നുന്നു പോലെ എന്ന് പറഞ്ഞാൽ തോന്നുന്നു അനുഭവപ്പെടുന്നു ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ആത്മാവ് ഒരിക്കലും വിഷയമാകത്തില്ല പക്ഷെ നമുക്ക് അവിദ്യ കൊണ്ട് എന്തു ചെയ്യുന്നു ആത്മപ്രത്യം ഈ ആത്മാവ് വിഷയം ആയത് പോലെ അനുഭവപ്പെടുന്നു എന്നാണ് ഈ പോലെ ഇവാന്നുള്ള ചേർക്കണമെങ്കിൽ എന്തു വേണം എന്തുവേണം അവിദ്യ വേണം ഈ അവിദ്യ എന്ന് പറയുന്ന ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ എന്ത് ചേർക്കാൻ പറ്റും യുവ എന്ന് ചേർക്കാൻ പറ്റും അതാണ് അവിദ്യയുടെ ഗുണം രജു സർപ്പം പോലെ തോന്നുന്നു ശുതിക രജതം പോലെ തോന്നുന്നു മരുഭൂമി പ്രകാശം ജലം പോലെ തോന്നുന്നു അതുപോലെ ശുദ്ധമായിരിക്കുന്ന വിഷയമല്ലാത്ത ആത്മാവ് നമുക്ക് അഹംഭർത്തിയ വിഷയം ഞാൻ എന്നിങ്ങനെ അറിയുന്നത് പോലെ തോന്നുന്നു അറിയുന്നു എന്ന് ചോദിച്ചാൽ അറിയുന്നില്ല അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ അറിയുന്നു മനസ്സിലായോ ആത്മാവിനങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയും അറിയുന്നില്ല അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ എന്തോ പറയും അറിയുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടോ എന്തുകൊണ്ടാ അവിദ്യ ഇതൊക്കെ വേർതിരിച്ച് മനസിലാക്കണം വേർതിരിച്ച് അറിയുന്നോന്ന് ചോദിച്ചാ അറിയുന്നില്ല അറിയുന്നില്ലേ എന്ന് ചോദിച്ചാ അറിയുന്ന മനസ്സിലാവണം അവിദ്യ സ്വീകരിച്ചാലേ കിട്ടും അതായത് ഇപ്പൊ ഒരു കള്ളനോട് ചോദിക്കണം നീ മോഷ്ടിച്ചോ അവൻ പറയുന്നില്ല നീ മോഷ്ടിച്ചില്ലേ മോഷ്ടിച്ചേ മനസിലായ കള്ളനോട് ചോദിക്കാണ് നീ മോഷ്ടിച്ച ഓൺ പറഞ്ഞു ഞാൻ മോഷ്ടിച്ചില്ല നീ മോഷ്ടിച്ചില്ലേ ചോദിച്ച് മോഷ്ടിച്ചേ എന്ന് പറയും പോലെയാണ് ആത്മാവിഷയമാണോ അല്ലേ നീ ചാണോ എന്തുകൊണ്ട് അറിയിക്കുക അതാണ് മനസ്സിലായോ ഇതാണ് അദ്വൈതം അദ്വൈതത്തിന്റെ ആണിക്കല്ല ഉച്ചകഴിഞ്ഞ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ